പരമകാരുണികന് നിങ്ങൾ സുജൂത് ചെയ്യുക എന്ന് അവരോട് പറയപ്പെട്ടാൽ ആരാണ് പരമകാരുണികൻ നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നതിലേക്ക് ഞങ്ങൾ സുജൂത് ചെയ്യണമോ എന്ന് അവർ ചോദിക്കുന്നു ഇത് അവരുടെ വിമുഖത വർദ്ധിപ്പിക്കുകയേയുള്ളൂ